ദർശനം തഖ്യം ഭവിഷ്യതിക്കാതീതം തദപ്യൂം ോനവിശതിമുഖ പ്രോ പദ യത്രോ നമം ഗാമയതപ്നം പശ്യതി തഷുക്തം സുഷുപ്തേകൂത പ്രജ്ഞാനഘനേ ആനന്ദമയോ ഹ്യാനന്ദഭുക്ചേദോമുഖപ്രാജതൃതീയ പാദ േശ്വരേശൌന്ത പ്രജ്ഞം നഹിപ്രജ്ഞം നേദ പ്രജ്ഞം നം നദൃശ്യമ്യവഹാരമഗ്രാഹ്യമലക്ഷണമചിന്യമ വിപദേശം പ്രത്യസാരം പ്രപഞ്ചോ വിശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മനിയേ സ ജാഗരസ്ഥാനോ കാല പ്രഥമ മാത്രമത് സർവാൻ കാതിേദൈജസ ഉോ ദ്ധയാ മാത്ര ഉത്കർഷാ ഉഭയവാൽവാ ഉത്കർഷനി ഭവേ ജാനസന്തതി സമാനശ്ചോതി നമ്മവി ഷുപ്തസ്ഥാനോമകാരൃതീയമാത്രമിതേർവാമി നോലിഹിം സർം അപീരിച്ചവതിയേദ മാത്രോ പ്രപഞ്ചോ വശമ ശിവൈത ഓംകാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം വേദ сам विवरणम 3ാം അംശം കോതസ്യ ജാതിവിച്ഛന്ദി വാദിനക്കേജി ദേവോസീ അപുദസ്യ അപരീതിരാ നിവദന്ത പരസ്പരം തതം دویദന പരസ്പരം വിദ്ധിന്ദേതി ഓ കഴണ വിഭാഗത്തിൽ ചർച്ച ചെയ്തു അദ്വൈതിക്ക് ആരോടും തർക്കിക്കേണ്ട കാര്യമില്ല കാരണം ദ്വൈതികൾ പരസ്പരം തർക്കിച്ചിട്ട് പരസ്പര ശരീരം സമർത്ഥിക്കാൻ പരസ്പരം അവരവരുടെ സിദ്ധാന്തങ്ങളിൽ ദോഷങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ പക്ഷങ്ങളും അസത്യങ്ങളാണെന്ന് വരും അതുകൊണ്ട് അദ്വൈതിയെ സംബന്ധിച്ച് അവരോട് വാദം നടത്തി അവരുടെ സിദ്ധാന്തങ്ങൾ ശരിയല്ല എന്ന് സമർത്ഥിക്കേണ്ട കാര്യമില്ല പക്ഷേ അദ്വൈതി എന്താ ചെയ്യുന്നത് അവരുടെ അവരുടെ ഓരോരുത്തരുടെയും സിദ്ധാന്തങ്ങൾ പരസ്പര വിരുദ്ധമാണ് എന്നുള്ള കാര്യം എടുത്തു കാണിക്കുന്നേയുള്ളൂ വൈരുദ്ധ്യം അവര് തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതാണ് അതിവിടെ വിശദമാക്കുകയാണ് ഉച്ചത് ഭൂത വിദ്യ മാനസ്യ വസ്തുനും ജാതി ഉത്പത്തി മിച്ചതിവാദിന അജാതം ആണ് സിദ്ധാന്തം സത്തായ തുരീയൻ അതിന് ഉത്പത്തി നാശങ്ങളല്ല അതിൽ നിന്ന് അന്യമായി മറ്റൊരു വസ്തുവിണ്ട് ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നു പക്ഷെ ദ്വീതികളെന്താണ് പറയുന്നത് വിദ്യമാനസി ഭൂതസ്യ വസ്തു ജാതി മുത്പത്തി മിച്ചന്തി ഉള്ളതിൽ നിന്നുണ്ടാകുന്നു എന്നാണ് അവർ പറയുന്നത് ഇല്ലാത്തതിൽ നിന്നങ്ങനെ ഉണ്ടാകും നീ കാണുന്ന പ്രപഞ്ചം അത് ഉള്ള ഒന്നിൽ നിന്നുണ്ടായതാണ് അതിന്റെ കാരണം സത്താണ് ആ സത്തായ കാരണത്തിൽ നിന്നീ കാണുന്ന ചരാചരങ്ങളെല്ലാം ഉണ്ടായി വിദ്യമാനസ്യ വസ്തുവിനോ ജാതിയും ഇച്ഛന്തി ഭൂതസ്യ ജാതി സത്തിന്റെ ഉത്പത്തിയെ കുറിച്ച് പറയും ഇത് പറയുന്നത് സംഖ്യന്മാരാണ് പ്രകൃതി സത്താണ് ആ പ്രകൃതി പരിണമിക്കുന്നത് സത്തായ പ്രകൃതിയുടെ പരിണാമമാണ് ഈ കാണുന്നതല്ല എന്ന് പറയുന്നത് സംഖ്യന്മാരാണ് എല്ലാ ദ്വൈതികൾക്കും ഈ അഭിപ്രായമില്ല മറ്റു ചിലരെന്താണ് പറയുന്നത് താർക്കികന്മാർക്ക് സ്വയം ഒരു അഭിമാനമുണ്ട് ഞങ്ങൾ ബുദ്ധിമാന്മാരാണ് തർക്കത്തിലൂടെ ആരെയും പരാജയപ്പെടുത്താൻ കഴിയും അതുകൊണ്ടാണ് പ്രാജ്ഞാഭിമാനികളെന്ന് പറഞ്ഞത് താർക്കികന്മാർ എന്ന് പറയുന്നു അവരുടെ രണ്ട് പിരിവാണ് വൈശേഷികന്മാരും നയായികന്മാരും ഗൗതമന്റെയും കണാദന്റെയും അനുയായികൾ കണാദന്റെ അനുയായികൾ വൈശേഷികന്മാരും ഗവൺമെന്റ് അനുയായികൾ അനുയായികന്മാർ രണ്ടുപേരും അനുമാന പ്രമാണത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് പ്രത്യക്ഷത്തെക്കാൾ കൂടുതലായിട്ട് അനുമാനത്തിലൂടെ എന്തും സമ്മർദ്ദിക്കാൻ കഴിയും അങ്ങനെ സമ്മർദ്ദിക്കാൻ കഴിവുള്ളവരാണ് അവർ അതുകൊണ്ടവര് താർക്കികന്മാരെന്ന് പറയുന്നു തർക്കത്തിലൂടെ തത്വത്തവർ പ്രതിപാദനം ചെയ്യുന്നുണ്ട് അവരെന്താണ് പറയുന്നത് ഇല്ലായ്മയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നതെന്ന് അവർ പറയുന്നു അതിനവർ പറയുന്ന വ്യക്തി എന്താണ് ഏതൊരു ബസ് ഉണ്ടാകുന്നതിന് തൊട്ടു മുതൽ അതിന്റെ ഇല്ലായ്മയായിരിക്കും കാരണം ഉള്ളതാണെങ്കിൽ പിന്നെ ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ സംഖ്യന്മാരെന്താണ് പറയുന്നത് ണ്ടാവുന്നുാർക്കന്മാര് ചോദിക്കുന്നത് ഉള്ളത് പിന്നെ ഇതിന് ഉണ്ടാവണം എന്നാണ് അപ്പൊ സംഖ്യന്മാര് ചോദിക്കുന്നത് ഇല്ലാത്തത് പിന്നെ ഇതാണ് ഇവര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് ഉണ്ടാകാൻ കഴിയില്ല അതുകൊണ്ട് ഉള്ളത് തന്നെ ഉണ്ടാകുന്നു ഉള്ളത് രൂപാന്തരം പ്രാപിക്കുന്നു അതാണ് അവരുടെ പരിണാമ സിദ്ധ വേർ രൂപത്ത് പ്രാപിക്കുന്നു അല്ലെങ്കിൽ അത് പ്രകടമാകുന്നു മണ്ണിൽ കുടമുണ്ട് നേരത്തെ തന്നെ ഉള്ളത് ഇല്ലാതിരുന്നെങ്കിൽ എന്തുകൊണ്ട് മറ്റു ബസ്സുകളിൽ നിന്നും കുടം ഉണ്ടാകുന്നില്ല വെള്ളത്തിൽ നിന്നും എന്തുകൊണ്ട് കുടം ഉണ്ടാകുന്നില്ല അപ്പോൾ കുടം ഉള്ളിടത്തുന്നേ കുടത്തിനുണ്ടാകാൻ പറ്റും അതെവിടെയാണ് മണ്ണാണ് അതുകൊണ്ട് നേരത്തെ ഉള്ളതാണ് ഉണ്ടാകുന്നതെന്നാണ് അവർ പറയുന്നത് നേരത്തെ ഉള്ളതാണെങ്കിൽ പിന്നെ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് അതിന്റെ കാരണങ്ങളെല്ലാം യോജിക്കുമ്പോൾ അതിന്റെ അഭിവ്യക്തി പ്രകടഭാവം ഉണ്ടാകുന്നതിനാണ് സൃഷ്ടി എന്ന് പറയുന്നത് പ്രകടമാകുന്നതിന് മുമ്പ് ഇല്ലായെന്നര്ത്ഥമില്ല ഉണ്ടായിരുന്നാണ് അതിന് സത്കാര്യവാദം സാന്ത്യന്മാരുടെ കാര്യന്മാരും അവരോട് യോജിക്കുന്നില്ല അവർ പറയുന്നത് എന്താണ് ഉണ്ടാകേണ്ടി വന്നിരുന്നുകൊണ്ട് ഇല്ലാതിരുന്നുകൊണ്ടാണ് ഇരുമ്പുണ്ടായിരുന്നില്ല ഏത് വസ്തു ആയാലും ശരി അതുണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ അഭാവം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇല്ലായ്മയാണ് ഉണ്ടായിരുന്നത് കാരണങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ അത് പുതുതായി ഉണ്ടാകുന്നു ഇവരിങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു ഉള്ളതുണ്ടായെന്നും ഇല്ലാത്തതുണ്ടായെന്നും എല്ലാം തർക്കിക്കുന്നു വിവദന്തോ വിരുദ്ധം വതന്തോ ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ തന്നെ പരസ്പരം നിഷേധിക്കുന്നു സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഇവരുടെ സിദ്ധാന്തങ്ങൾ പരസ്പരം നിഷേധിക്കപ്പെടുന്നതാണ് ബിരുദ്ധം മതന്ത അന്യോന്യം വിശ്വന്തി ജയിതും ഇവർ പരസ്പരം വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് രണ്ടുപേരും പരസ്പരം പരാജയപ്പെടുത്തുന്നുണ്ട് അവരുടെ സിദ്ധാന്തങ്ങളെ കടന്നാക്രമിക്കേണ്ട ആവശ്യം ഇവിടെ അദ്വൈതിക്കില്ല കാരണം അതവര് തന്നെ ചെയ്യുന്നുണ്ട് അവർ പരസ്പരം ജയിക്കാൻ ആഗ്രഹിക്കുകയാണ് അക്കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇവരിങ്ങനെ പരസ്പരം നിഷേധിക്കുന്നതുകൊണ്ട് ഇവരുടെ ഈ സിദ്ധാന്തങ്ങളൊന്നും ശരിയല്ല രണ്ടു തരത്തിലും സൃഷ്ടി സാധ്യമല്ല ഇല്ലാത്തതിൽ നിന്നുണ്ടാവുന്നു പറയുന്നതും യുക്തമല്ല അതെങ്ങനെ യുക്തമല്ല എന്നുള്ളത് സാങ്കിം പറഞ്ഞിട്ടുണ്ട് ഉള്ളതിൽ നിന്നുണ്ടാവുന്നു പറയുന്നതും യുക്തിക്ക് നിരക്കുന്നതല്ല അക്കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് അതാണ് മുഖ്യമായ സിദ്ധാന്തം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ ഒന്നും പരമാർത്ഥത്തിൽ ഉണ്ടാകുന്നതിനോ നിലനിൽക്കുന്നതിനോ വഴിയില്ല ആരോപിതമായി നിലനിൽക്കുന്നു അസത്യമായി നിലനിൽക്കുന്നു അതുകൊണ്ട് തിരിയനാണ് സത്യം ആത്മാവാണ് സത്യം മറ്റുള്ളതെല്ലാം അതിൽ ആരോപിതമാണ് എന്നുള്ള സിദ്ധാന്തത്തിൽ തന്നെ രണ്ടുപേരും എത്തിച്ചേരും എന്നാണ് ഏറ്റവും പ്രാചീനമായ ദർശനമാണ് സാഖ്യം ഏറ്റവും പ്രാചീനമായ ആസ്തിക ദർശനം അതിനുശേഷമാണ് ന്യായവൈശേഷിക ദർശനങ്ങൾ രൂപപ്പെട്ടത് ന്യായവൈശേഷിക ദർശനങ്ങളിൽ പോലും അവസാനം അതിന്റെ ആചാര്യന്മാർ ആധുനിക കാലത്തിലേക്ക് വന്നപ്പോൾ അവരും അദ്വൈതത്തിലേക്ക് തന്നെ വന്നു അദ്വൈതത്തിലാണ് അതിന്റെ തുടക്കമെങ്കിലും അവസാനം അത് അദ്വൈതത്തിലെത്തിച്ചേർന്നു കാരണം ഇതാണ് ഭേദത്തെ അംഗീകരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് അദ്വേദത്തിൽ എത്തിച്ചേർന്നു അതാണ് ഇവിടെ പറയുന്നത് धीरा ജാതിന് കെചി വരെ ധീരാ വിവദന്തോ ദ്വയാം അന്യോന്യപക്ഷതിഷേധം കുറവദ്ധിതം ഇവർ ഈ രണ്ടു കൂട്ടരും ഇവരാണ് മുഖ്യമായ രണ്ട് ദാർശനികന്മാർ ആസ്തിക ദർശനങ്ങളിൽ മുഖ്യം ഇവർ തന്നെയാണ് വിരുദ്ധവദനേന ഇവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു അന്യോന്യ പക്ഷ പ്രതിഷേധം പരസ്പരം നിഷേധിക്കുന്നു ഇവരെന്താണോ ഇങ്ങനെ നിഷേധിച്ചിട്ട് പ്രഖ്യാപിക്കുന്നത് ഈ നിഷേധത്തിലൂടെയെല്ലാം അവസാനം ഇവർ എത്തിച്ചേരുന്നിവിടെ പറയുന്നു ഭൂതം വിദ്യമാനം വസ്തുനെ വിദ്യമാനത്തെയ ഒന്ന് ഉണ്ടാകേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അത് ഉള്ളതുകൊണ്ട് തന്നെ ഉദാഹരണം ആത്മാവ് ആത്മാവ് സത്താണ് സത്തിന്റെ ഉത്പത്തി അല്ല അസംബന്ധമാണ് കാരണം നിലനിൽക്കുന്നുവെന്നു പിന്നെ ഉത്പത്തിയുടെ ആവശ്യമില്ല ആത്മാവിനെ പോലെ ഇത്യവം മതൻ അസദ്വാദി സാങ്കപക്ഷം പ്രതിഷേധതി സർജമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അസദ്വാദിയായിരിക്കുന്ന താർക്കികന്മാര് സംഖ്യപക്ഷത്തെ നിഷേധിക്കുന്നത് സദ്ജന്മത്തെവർ നിഷേധിക്കുന്നു സത്തിന്റെ ഉപ്പത്തി നിഷേധിക്കുന്നു തഥാ അഭൂതം അവിദ്യമാനത്വ ദൈവ നൈവായുത ശശ വിഷാണുത്യവും വധൻ സംഖ്യോപേ അസദ്വാദിപക്ഷം അസദ്ജന്മ പ്രതിഷേധ സംഘ്യന്മാരെന്ത് ചെയ്യുന്നു ൊണ്ട് തന്നെ നൈവായത അതുണ്ടാകുന്നില്ല ഏതുപോലെ വിഷാണവ് മുയൽക്കൊമ്പ് ഇല്ലാത്തതാണ് അതെങ്ങനെ ഉണ്ടാകും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത്യോ മുതൻ സാങ്കോദി അസദ്വാദിപക്ഷം അവരന്ത് ചെയ്യുന്നു അസദ്വാദിപക്ഷത്തെ സാഖ്യന്മാര് നിഷേധിക്കുന്നു അസദ്ജന്മാൻ ഇല്ലായ്മണ്ടായി എന്ന് പറയുന്ന സാഖ്യപക്ഷത്തെയും നിഷേധിക്കുന്നു ഇത് വളരെ ദുരുഘമായ വിവാദങ്ങളുള്ള കാര്യങ്ങളാണ് സാഖ്യന്മാരുടെയും കാര്ക്കിയന്മാരുടെയും തർക്കം നൂറുകണക്കിന് ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ അതിനെ ചുരുക്കി പറയണം അതിന്റെ താൽപ്പര്യം ഇത്രയേ ഉള്ളൂ രണ്ടുപേരും പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ജഗത്തിനെ സംബന്ധിച്ച് ഈ രണ്ട് കാഴ്ചപ്പാടിൽ ബാക്കിയെല്ലാം അന്തർഭവിച്ചിരിക്കുകയാണ് ഒന്നുകിൽ ജഗത്ത് ഒരു സത്തായ കാരണത്തിൽ നിന്നുണ്ടായെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിന്നുണ്ടായെന്ന് എന്ന് പറയുമ്പോൾ എല്ലാ ദർശനങ്ങളും അതിൽ വന്നു കഴിഞ്ഞു പക്ഷെ ഈ രണ്ടും മുഖ്യമായതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തിവിടെ പറയുന്നൂ രത്തിലും എന്താണ് ജഗത്തിന്റെ സൃഷ്ടിയെ സമർത്ഥിക്കാൻ പറ്റുന്നില്ല സൃഷ്ടിയെ സമർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവിടെ സ്വീകരിക്കാമെന്നുള്ളത് അജാതവാദമാണ് വിവദന്തോ വിരുദ്ധം വദന്തോ അന്യോന്യസ്യ പക്ഷോ സദസദോർ ജന്മനെ പ്രതിഷേധന്ത അജാതിം അനുപത്തി ഇങ്ങനെ പരസ്പരം മുഴക്കടിക്കുന്നവർ ദ്വൈദികൾ പരസ്പരപക്ഷങ്ങളെ സദസന്മങ്ങളെ നിഷേധിക്കുന്നവർ അവർ വാസ്തവത്തിൽ രണ്ടു കൂട്ടിയും എന്താ പറയുന്നത് സൃഷ്ടി സാധ്യമേ അല്ല അജാതി അനുപത്തി ഫലത്തിലവർ അജാതിയാണ് പറയുന്നത് സൃഷ്ടിയെ യുക്തിയിലൂടെ സമ്മള ചെയ്യാൻ കഴിയുന്നില്ല അനുഭവത്തിൽ അതുണ്ടെങ്കിലും അനുഭവത്തിലുണ്ടായാൽ പിന്നെ എന്തിനാണ് യുക്തി എന്ന് ചോദിച്ചു നല്ല അനുഭവത്തിലുണ്ടാകുന്നത് അനുഭവം സത്യവും അസത്യവുമാകാം ഭ്രാന്തവും യഥാർത്ഥവുമാകാം നിങ്ങളുടെ അനുഭവം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സാറിന പറയും പ്രത്യക്ഷമാണെങ്കിൽ അത് പ്രത്യക്ഷമായതുകൊണ്ട് അംഗീകരിക്കാൻ വയ്യ അനുഭവമാണ് അതുകൊണ്ട് അത് അംഗീകരിച്ചേ പറ്റുമെന്ന് പറയും അതും അംഗീകരിക്കാമെന്ന് വരുത്തിയില്ല എന്തുകൊണ്ട് പ്രത്യക്ഷവും അനുഭവവും എല്ലാം ഭ്രമാത്മകമായിട്ടും വരാം ഭ്രമമാണെങ്കിൽ അത് പരമാർത്ഥമുണ്ട് ഇപ്പൊ സൃഷ്ടി അനുഭവപ്പെടുന്നുണ്ട് പ്രത്യക്ഷമാണ് എന്തുകൊണ്ട് അത് പരമാർത്ഥമായി ലോകത്തിൽ അങ്ങനെയാണ് കാണുന്നത് നമ്മുടെ അനുഭവങ്ങളെല്ലാം അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് യഥാർത്ഥമായും അയഥാർത്ഥമായും അതുകൊണ്ട് പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥമായി കൊണ്ടുവന്നില്ല എന്ന് തന്നെ അവർക്ക് സമർത്ഥിക്കേണ്ടി വരും കാരണം സൃഷ്ടിയെ സംബന്ധിച്ച് ഒരു സിദ്ധാന്തവും രൂപീകരിക്കാൻ കഴിയുന്നില്ല അതൊരിക്കലും കഴിയത്തുമില്ല തർക്കമറ്റൊരു സിദ്ധാന്തം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സിദ്ധാന്തത്തെ രൂപീകരിക്കാൻ ഒരാളൊരു സിദ്ധാന്തത്തെ രൂപീകരിച്ചാൽ അത് ദാർശനികമായിട്ടായാലും ശരി ഭൗതികമായിട്ടായാലും ശരി ഒരാളൊരു സിദ്ധാന്തത്തെ രൂപീകരിച്ചാൽ ഉടൻ മറ്റൊരാൾക്കതിനെ നിഷേധിക്കാനുള്ള കഴുതുകളും അതിൽ തന്നെ ആണ് അരിക്കലും പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിച്ച് ഖണ്ഡീനമായൊരു അഭിപ്രായം ആർക്കും പറയാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇതെല്ലാം നോക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് കാണുന്ന ഒരാൾ പറയുന്ന എന്താണോ അനുപത്യം അർത്ഥാ പരമാർത്ഥത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല ആരോപിതമായി കൽപ്പിതമായി ഇതെല്ലാം നിലനിൽക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് വന്നുചേരുന്നത് അക്കാര്യമേ അദ്വൈതി പറയുന്നുള്ളൂ അല്ലാതെ അദ്വൈതി ഇവിടെ ആരെയും നിഷേധിക്കുന്നില്ല ആരുടെ സിദ്ധാന്തത്തെയും ചോദ്യം ചെയ്യുന്നില്ല നിങ്ങളെ സിദ്ധാന്തത്തിന്റെ പരമമായ താല്പര്യം എന്താണെന്ന് വെളിപ്പെടുത്തുന്നേയുള്ളൂ എന്നാണ് പറയുന്നത് താങ്കളുടെ നിലപാടെന്താണെന്ന് പറയുന്നു കേവലം നിങ്ങളുടെ സിദ്ധാന്തം ശരിയാണെന്നാണ് ഞങ്ങൾ പറയുന്നത് അനുമോദയം ഞങ്ങൾ നിങ്ങളെ അനുമോദിക്കുന്നു എന്തുകൊണ്ട് അജാതി അവർ പറഞ്ഞു പറഞ്ഞ് അജാതിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് സൃഷ്ടി സംഭവിക്കുന്നതിന് ഒരു സാധ്യതയുമില്ല എന്നാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾ അജാതിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് അതിനെ ഞങ്ങൾ അനുമോദിക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് വാദപ്രതിവാദം നടത്തേണ്ട കാര്യമില്ല അദ്വൈതിക്ക് മറ്റാരോടും വാദപ്രതിവാദം നടത്തേണ്ട കാര്യമില്ല പക്ഷപ്രതിപക്ഷഗ്രഹണേന നിങ്ങളുടെ ഏതെങ്കിലും ഒരു പക്ഷത്തെ സ്വീകരിക്കണമല്ലോ വാദപ്രതിവാദം നടത്തണമല്ലോ അപ്പോ ഏതെങ്കിലും ഒരു പക്ഷത്തെ സ്വീകരിച്ചുകൊണ്ട് വാദപ്രതിവാദം നടത്തിയാൽ ഏതെങ്കിലും ഒരു പക്ഷത്തെ സമ്മതിക്കേണ്ടി വരും അതിന്റെ ആവശ്യം വരുന്നില്ല കാരണം നിങ്ങൾ തന്നെ പരസ്പരം അതിനെ നിഷേധിക്കുന്നു അതുകൊണ്ട് അജാതി എന്നുള്ളതാണ് മുഖ്യം തഥാത്തെ അന്യോന്യം അവരെങ്ങനെയാണോ പരസ്പരം മഴക്കടിക്കുന്നത് അതുപോലെ അദ്വൈതി ആരോടും മഴക്കടിക്കുന്നില്ല അതിന്റെ ആവശ്യം അധത്വം അവിവാദം വിവാദരഹിതം പരമാർത്ഥദർശനം അനുജ്ഞാനം അസ്മാബോധത അതുകൊണ്ട് എന്താണ് ആ വിവാദരഹിതമായ അജാതിവാദം അജാതി എന്നുള്ള ആ സിദ്ധാന്തം അവിടെ എല്ലാ വിവാദങ്ങളും അവസാനിക്കുന്ന സ്ഥാനമാണ് അതാണ് പരമാർത്ഥദർശനം അസ്പർശയോഗം എന്ന് പറഞ്ഞു അനുജ്ഞാതം അതിനെ ഞങ്ങൾ അംഗീകരിച്ചെന്നേ ഉള്ളൂ ഞങ്ങൾക്ക് സമർത്ഥിക്കേണ്ട ആവശ്യം കൂടിയില്ല കാരണം ദുരിതത്തെ നിഷേധിച്ചാൽ ശേഷിക്കുന്നതാണ് ദ്വൈതത്തെ ആരും നിഷേധിക്കുന്നു ദ്വൈതികൾ തന്നെ പരസ്പരം നിഷേധിക്കുന്നു സാഖ്യൻ നിഷേധിച്ചതുകൊണ്ട് കാർക്കികന്റെ സിദ്ധാന്തം പോയി കാർക്കികൻ നിഷേധിച്ചതുകൊണ്ട് സാഖ്യ സിദ്ധാന്തവും പോയി അങ്ങനെ അദ്വൈതം മുഴുവൻ പോയി ശേഷിക്കുന്നതാണ് അദ്ദേഹം അപ്പോ നിങ്ങൾ തന്നെ സമ്മർദ്ദിച്ച അദ്വൈതത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നേ അതാണ് അനുജ്ഞാതം ഞങ്ങളതിനെ പ്രതികിച്ച് സിദ്ധാന്തിച്ചു എന്ന് പറയുന്നത് ശരിയല്ല നിങ്ങളാണ് സിദ്ധാന്തിച്ചത് പരസ്പര നിഷേധത്തിലൂടെ ശേഷിക്കുന്നതെന്തോ അത് എന്ന് നിങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് അസ്മാഭി നിബോധത ഹേ ശിഷ്യാഹ അതുകൊണ്ട് പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ ആ സിദ്ധാന്തത്തെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ് നിങ്ങൾ നിഷേധിച്ചിട്ട് അവശേഷിപ്പിച്ചേ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി ശിഷ്യന്മാരെ എന്നാണ് പറയുന്നത് അല്ലാതെ പുതുതായി ഒരു അദ്വൈതം എന്ന് പറഞ്ഞൊരു പുതിയ സിദ്ധാന്തം ഇവിടെയില്ല പരമാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല കാരണം അങ്ങനെ ഒരു പുതിയ സിദ്ധാന്തം ഉണ്ടാക്കിയാൽ അതിനെ നിഷേധിക്കാനുമാണ് ഉണ്ടാവും കാരണം ഏതിനെ സമർത്ഥിക്കാമെങ്കിലും ഏതൊന്നിനെ സമർത്ഥിക്കുന്നു അതിന് മറ്റൊരാൾക്ക് നിഷേധിക്കാനും പറ്റും അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നിനും സമർത്ഥിക്കുന്നില്ല നിങ്ങളുടെ സിദ്ധാന്തത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നേ ഉള്ളൂ നിങ്ങളുടെ സിദ്ധാന്തം അദ്വൈതമാണ് അതാണ് പരമാർത്ഥം അസ്പർശയോഗം അജാതം അതാണ് പരമാർത്ഥം ഇക്കാര്യം മനസ്സിലാക്കിയാൽ മതി എന്നാണ് കാര്യങ്ങൾ വളരെ എളുപ്പമായി അജാതി തൈ അനുമോദാമഹേവയും വിവദാമോനതൈ സാർദ്ധം അവിവാദ നിബോധത ഈ ഭാഗങ്ങളെല്ലാം മുമ്പ് ഭാഷ്യത്തിൽ വന്ന ഭാഗങ്ങളാണ് അജാതൈവധർമ്മോതാം കഥം എഷ്യതി പഠനത്തിൽ അത് വന്നതാണ് അതുകൊണ്ട് ഭാഷ്യത്തിൽ പറയുന്നു സദസദ്വാദിനേവി സർവരും എന്തു ചെയ്യുന്നു അജാതമായിരിക്കുന്ന ധർമ്മത്തിന്റെ ആത്മാവിന്റെ ജാതി ഉത്പത്തിയെ കുറിച്ച് പറയുകയാണ് ജനിക്കാത്തതിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ടിങ്ങനെ പറയേണ്ടി വന്നിരിക്കുന്നു ആ ജനനത്തെ മുന്നിൽ കാണുന്നുണ്ട് എന്നിട്ടും ജനിച്ചിട്ടില്ല എന്നെന്തുകൊണ്ട് പറയുന്നു തന്റെ മുമ്പിൽ അനുഭവപ്പെടുന്നത് പരമാർത്ഥമുണ്ടാക്കുന്നു പരമാർത്ഥം എന്താണ് അജാദോ ഹി അമൃതോധർമ്മോ അജാതമാണ് അമൃതമാണ് ജനന മരണങ്ങളില്ലാത്തതാണ് അങ്ങനെയുള്ള ആത്മാവ് ധർമ്മം ആത്മാവ് സത്യം അതെങ്ങനെ മർത്തിതയെ പ്രാപിക്കും കഥമേശ്ശേരി അതങ്ങനെ ഉണ്ടായി നശിക്കും നശിക്കത്തില്ല പുരസ്താത്കൃത ഭാഷയെ ശ്ലോക ഇതെല്ലാം നമുക്ക് വ്യാഖ്യാനിച്ച കാര്യങ്ങളാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് വീണ്ടും ആരിലെങ്കിലും മനസ്സ് ദ്വൈതത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് വെറുതെയാണെന്ന് കാണിക്കാൻ വേണ്ടി പറയുകയാണ് അതിൽ കാര്യമില്ല ആ മനസ്സ് അദ്വൈതത്തിൽ തന്നെ എത്തിച്ചേരണം അജാതത്തിൽ തന്നെ എത്തിച്ചേരണം അതിനുവേണ്ടി പറയുകയാണ് പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതെല്ലാം മനസ്സിന്റെ വികല്പങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അദ്വൈതത്തെ പരമാർത്ഥ ദർശനമായി ഒരാളെ ബോധ്യപ്പെടുത്തിയാലും അയാളുടെ മനസ്സിൽ അദ്വൈതവികൽപങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ദ്വൈതവികൽപങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ച് നിഷേധിക്കുകയുള്ളൂ അതാണ് അദ്വൈതത്തെ ഉറപ്പിക്കുന്നതിനുള്ള ഒരു വഴി ദ്വൈതമിഥ്യാത്വ ബോധനം എന്ന് അദ്വൈതത്തെ വിശേഷിച്ച് ബോധിക്കാനൊന്നുമില്ല അതിനുവേണ്ടി ഇത് ആവർത്തിക്കുന്നു എന്നാണ് അദ്വൈതം നിഷ്ഠ വരുന്നതുവരെ ഇത് ആവർത്തിച്ചേ പറ്റും അതുകൊണ്ട് വീണ്ടും ആ കാര്യത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയുണ്ട് അജാതീവധർമ്മാതി വാദിനോമൃതോധർമ്മോ മർത്തി കഥം നമൃതം മർത്യം നർമൃതം തഥ പ്രകൃതിരന്യഥ കഥിത് ഭഷ്യഭാഗങ്ങളെല്ലാം നമുക്ക് വ്യാഖ്യാനിച്ചാണ് അതുകൊണ്ട് ഭാഷയകാരൻ കൂടെ കൂടുതലായി വ്യാഖ്യാനിക്കുന്നുണ്ട് ഉത്താർത്ഥാനം ശ്ലോകാനാം ഇഹ ഉപന്യാസ മുമ്പ് പറഞ്ഞ ശ്ലോകങ്ങളല്ല ഈ അർത്ഥം ഈ ശ്ലോകങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥങ്ങളെല്ലാം മുമ്പ് പറഞ്ഞിട്ടുള്ളൂ വീണ്ടും അതിനെ പറയുന്നു ഇഹ ഉപന്യാസ വീണ്ടും അതിന് ഇവിടെ നിർദ്ദേശിക്കുന്ന ഇതിനുവേണ്ടി പരവാധി പക്ഷാളം അന്യോന്യ വിരോധ്യാപിത അനുമോദന പ്രദർശനാൾക്ക് ുമ്പിത് പറഞ്ഞത് ആ തോധിപ്പിക്കാൻ വേണ്ടി ഇത് വീണ്ടും കൂടെ പറയുന്നത് ഈ ദ്വൈതികൾ പരസ്പരം തന്നെ നിഷേധിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഇത് പറയുകയുള്ളൂ പ്രത്യേകിച്ച് അതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല മുമ്പ് അദ്വൈതി തന്നെ ദ്വൈതി നിഷേധിച്ചിട്ടുണ്ട് എന്നിട്ടിപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു നിഷേധത്തിന്റെ ആവശ്യം വാസ്തവത്തിൽ വരുന്നില്ല കാരണം നിങ്ങൾ പരസ്പരം നിഷേധിക്കും പരസ്പരം നിഷേധിക്കുന്നവരെ എന്തിനും ഞങ്ങൾ നിഷേധിക്കും അക്കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന് വീണ്ടും പറയുന്നത് ആരെയും ഒന്നിനെയും ഖണ്ഡിക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി പറയുന്നു നവത്യം അമൃതം മർത്യം ന മർത്യം അമൃതം നശിക്കാത്ത ഒന്ന് ഒരിക്കലും നാശത്തെ പ്രാപിക്കത്തില്ല നശിക്കുന്നതൊന്നും നാശമില്ലാത്ത അവസ്ഥയും പ്രാപിക്കത്തില്ല കാരണം പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ സ്വഭാവം സ്വരൂപം അതിന് മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കത്തില്ല എന്നിടത്ത് ഇനി വിശദീകരിച്ച് പറഞ്ഞു ആത്മാവിന് മാറ്റം സംഭവിക്കില്ല എന്നുള്ളതല്ല ഈ കാണുന്ന പ്രകൃതിക്ക് ഓരോ പ്രകൃതിക്ക് ഓരോ സ്വഭാവമാണ് അതിനുപോലും മാറ്റം സംഭവിക്കുന്നുണ്ട് പറയും അഗ്നിയുടെ ചൂട് അതിനൊന്നും മാറുന്നുണ്ടോ ഒരു വസ്തുവിന്റെയും പ്രകൃതിക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവിടെ സൃഷ്ടിയുണ്ടാവും പരമാർത്ഥത്തിലുള്ള സത്തിൽ നിന്നോ അസത്തിൽ നിന്നോ എങ്ങനെ സൃഷ്ടി ഉണ്ടാകും അതിനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് നവത്യമൃതം മർത്യം നർമൃതം തഥ പ്രകൃതിരന്യഥി ഭവിഷ്യതി അമൃതോയധോ ഗതി മത്യതേന അമൃത തഥംസ്ഥയം നശിക്കാത്ത ഒരു വസ്തു നിത്യമായ ഒരു വസ്തു അതെങ്ങനെയാ നാശത്തെ പ്രാപിക്കും ഇവിടെ സത്തായി ആത്മാവിനെ മാത്രമേ സ്വീകരിക്കുന്നു ആത്മാവ് നാശത്തെ പ്രാപിക്കുന്ന ഈ പ്രപഞ്ചഭാവങ്ങളായിട്ട് എങ്ങനെ മാറും എന്നാണ് അതൊരിക്കലും സാധ്യമല്ല അതുപോലെ തന്നെ നിങ്ങളിൽ കാണുന്ന ഈ പ്രപഞ്ച പദാർത്ഥങ്ങൾ ഇതെങ്ങനെ പരമാർത്ഥമാവും അത് സാധ്യമല്ല അപ്പൊ ഇവിടെ ചർച്ചയ്ക്ക് വിഷയമാകുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവും അതിന് വിവാദം വരുന്ന എന്താണോ ഈ മുമ്പിൽ കാണുന്ന ഇതെല്ലാം സത്യമായിട്ട് നിലനിൽക്കുന്നു അതെ അസത്യമായി നിലനിൽക്കുന്നു നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ വിവാദമല്ല നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ നിലനിൽപ്പിന്റെ താല്പര്യം എന്താണ് അദ്വൈതി പറയുന്നത് ഇത് നിലനിൽക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അത് അനുഭവത്തിന് വിഷയമാകുന്നു എന്നേ ഉള്ളൂ നിലനിൽപ്പിന് അതിൽ കവിഞ്ഞൊരു അർത്ഥമില്ല അനുഭവത്തിന് വിഷയമാകും അപ്പോൾ അനുഭവത്തിന് വിഷയമാകുന്നു ഒന്ന് അവിടെ ചോദിക്കും സത്യമായിട്ടാണോ അസത്യമായിട്ടാണോ അപ്പോൾ അനുഭവത്തിന് വിഷയമാകണോങ്കിൽ അത് സത്യമായിട്ടുള്ള അസത്യമായിട്ടും അനുഭവത്തിനു വിഷയമാകും അതിനാരും ചോദ്യം ചെയ്യത്തില്ല അതാണ് ദ്വേദികളെല്ലാം അദ്വൈതത്തിൽ എത്തിച്ചേരുന്നെന്ന് പറയുന്നു അദ്വേദികളെല്ലാം അതിനോട് യോജിക്കുന്നുണ്ട് എന്താണോ ഒന്ന് അനുഭവത്തിന് വിഷയമാകുമ്പോൾ അത് അസത്യമായും അനുഭവ കാരണം പ്രപഞ്ച അനുഭവത്തിൽ അസത്യാനുഭവം നിരന്തരമായി നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതാകവേ മൊത്തം ഇതൊരസത്യാനുഭവമാണ് ഇത് അസത്യാനുഭവമാണെങ്കിൽ ഇതിന്റെ ഉത്പത്തി സ്ഥിതി നാശം ഇതിനെക്കുറിച്ചുള്ള എല്ലാ കൽപ്പനകളും അസത്യാനുഭവങ്ങളാണ് ഇത് എവിടെ നിന്നുണ്ടായി എങ്ങനെ ഉണ്ടായി ഇതെങ്ങനെ നിലനിൽക്കും ഇതിന്റെ നാശത്തിന് എന്തൊരു കാരണമാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എല്ലാം എന്താണ് അസത്യാനുഭവങ്ങളായിരിക്കും അതുകൊണ്ട് പറയുന്നത് മിച്ചയാണ് ആരോപിതമാണ് പരമാർത്ഥമല്ല എന്ന് പറയും ഇവിടെ തന്നെ എല്ലാവരും എത്തിച്ചേരേണ്ടി വരും എന്നാണ് എല്ലാ വേദികളും മറിച്ച് സത്യമാണെങ്കിലോ സത്യം സത്യമായിട്ട് തന്നെ ഈ അസത്യാനുഭവങ്ങളിലൂടെ സത്യം എന്നും സത്യമായി തന്നെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും അതാണ് അസ്പർശയോഗം അതാണ് അജാതം എന്ന് പറയുന്നത് അത് ബോധിച്ചാ മതി അപ്പൊ ഈ അസത്യത്തെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ അതൊന്നും നിലനിൽക്കത്തില്ല അതില്ലായ്മയിൽ നിന്നുണ്ടാവും ഉണ്മയിൽ നിന്നുണ്ടാവും ഇത്തരം ചിന്താഗതികളൊന്നും നിലനിൽക്കത്തില്ല സത്യത്തെ ബോധിക്കും അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് പരമാർത്ഥം ഇന്നതാണെന്ന് ഗ്രഹിക്കുക എന്നിട്ട് അസത്യ തടയപ്പെടുക അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ആ അത് ആ കാലിക ഭാഷകാരം മേഖലിച്ചിട്ടില്ല കാരണം ഇതിന്റെ താല്പര്യമൊന്നും ഇപ്പോൾ പറഞ്ഞതാണ് സ്വഭാവം के की മൃത കഥംസ്ഥി നിശ്ചല സാംസി സഹജി വിജ്ഞാവം നീ പ്രകൃതി കുറിച്ച് പറയുന്നു സത്തിന് മാറ്റമില്ലാന്ന് പറഞ്ഞു ഇവിടെ ഉത്പത്തിയെ കുറിച്ച് പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് പരമാർത്ഥത്തിൽ പ്രകൃതി പോലും നിത്യമാണ് പ്രകൃതിപ്പോലും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല യസ്മാ ലൌകിക്യബി പ്രകൃതി വിപ്പറ്റി ഈ കാണുന്ന ലൗകികയായിരിക്കുന്ന ഈ പ്രകൃതി പോലും അതിനുപോലും മാറ്റം സംഭവിക്കുന്നില്ല അതിനും വളർച്ചയോ തളർച്ചയോ സംഭവിക്കുന്നില്ലാസോ എങ്ങനെയാത് ഏത് പ്രകൃതിയാണെന്ന് പറയുന്നു അപ്പോ പ്രകൃതി നിത്യമാണ് അതിന് മാറ്റം സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താൽപര്യം കാരണം കാൽപ്പനികമായി ആരോപിതമായി അനുഭവപ്പെടുന്ന ഈ പ്രകൃതിയെപ്പോലും അതിന്റെ സ്വഭാവത്തിൽ നിന്നുള്ള ഒരു മാറ്റം കാണുന്നില്ല അതിന്റെ സ്വഭാവത്തെ അതിന് വിടാൻ വയ്യ അപ്പൊ അതിന്റെ മാറ്റത്തെയാണ് പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം പറയുന്നത് പ്രകൃതിക്ക് അതിന്റെ സ്വഭാവത്തെ വിടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സൃഷ്ടി എവിടെയാണ് പരിണാമം എന്നാ ചോദിക്കുന്നത് സമയസിദ്ധി സംസിദ്ധി തത്ര ഭവ സാംസിദ്ധിക്ക് യഥാ യോഗിനാം സിദ്ധാനാം അണിമാ ഐശ്വര്യപ്രാപ്തി പ്രകൃതി സാങ്കന്മാർ പറയുന്നുണ്ട് പ്രകൃതി പലതരത്തിലുള്ള പ്രകൃതിയെ കുറിച്ച് അവർ പറയുന്നു യോഗികളുടെ പ്രകൃതിയെ പറയുന്നു എന്താണ് അണിമാതി ആ പ്രകൃതി അത്തര ഒരു അവർ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ആ പ്രകൃതി അവരെ പ്രാപിക്കുന്നുവെന്നും പറയാം എന്തായാലും ആ പ്രകൃതിക്ക് എവിടെയെങ്കിലും മാറ്റമുണ്ടോ ഈ കാണുന്ന ചരാചര പ്രകൃതിയിൽ അതിൽ തന്നെ ഇരിക്കുന്ന ഈ അണിമാതി ഐശ്വര്യ രൂപത്തിലുള്ള ആ പ്രകൃതി യോഗികളുടെ പ്രകൃതി അതെപ്പോഴെങ്കിലും അതല്ലാതായി മാറുന്നുണ്ടോ ഇല്ല എന്നാണ് ഒരു യോഗിയിൽ അല്ലെങ്കിൽ മറ്റൊരു യോഗിയിൽ അതനാദി അനന്തമായി അത് പ്രകടമായി കൊണ്ടേയിരു അതിനെ നമ്മൾ അലൗകിക പ്രകൃതി എന്ന് പറയുന്നു സാധാരണ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം അതീന്ദ്രിയ പ്രകൃതിയാണ് ആ പ്രകൃതിക്ക് എവിടെ മാറ്റം വരുന്നു ആ പ്രകൃതി ആരും മാറ്റുന്നു അപ്പൊ ആ ഒരു പ്രകൃതിക്കും അതാണ് സിദ്ധാനം അണിമാദേശ്വര്യപ്രാപ്തി പ്രകൃതി സ്വഭൂത ഭവിഷ്യത് കാലയോരവ യോഗിനാം നവിപറ്റിയേതി അനാധികാലമായി യോഗികളിലെ ഇത്തരം പ്രകൃതികൾ കാണും അത് അനന്തമായി കണ്ടുകൊണ്ടേയിരിക്കും ആ പ്രകൃതിക്ക് എവിടെയാ മാറ്റി സംഭവിക്കുന്നത് ഏത് പ്രകൃതിയാണ് നിങ്ങൾ പരിണമിക്കുന്നു മാറുന്നു ഉത്പന്നമാകുന്നു എന്നെല്ലാം പറയുന്നത് അണിമാ പ്രകൃതിക്ക് മാറ്റം വന്നുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു യോഗി അത്തരം പ്രകൃതിയെ പ്രാപിച്ചിട്ട് അണിമാ ദേശ്വര്യങ്ങൾ കൂടാതെ ഇരിക്കണം അങ്ങനെ സംഭവിക്കാൻ യോഗികൾ എല്ലാ കാലഘട്ടത്തിലുമുണ്ട് അവിടെ എല്ലാ അണിമ ദേശ്വര്യങ്ങളും കാണുന്നുണ്ട് ആ ഒരു പ്രകൃതിക്ക് മാറ്റമില്ല ഒരുപക്ഷെ നിങ്ങൾ ആ പ്രകൃതിയെ കണ്ടെത്തിയില്ല എന്നുവരാം ആ പ്രകൃതി നിങ്ങളെ പ്രാപിച്ചില്ല എന്നുവരാം ആ പ്രകൃതിയെ നിഷേധിക്കാൻ വയ്യ യോഗികൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട് എല്ലാ പ്രകൃതിക്ക് മാറ്റമില്ല തഥീവസ എന്നും ആ പ്രകൃതി ഒരുപോലെ അഹിമാദേശൈശ്വീര്യങ്ങൾ എന്നും ഒരുപോലെ നിലനിൽക്കുന്നു തഥാ സ്വാഭാവിക ദ്രവ്യസ്വഭാവ യഥാഗ്ഞാദീന ഉഷ്ണപ്രകാശാദി ലക്ഷണം സ്ഥാപന കാലാന്തര വിഭിചന ഇനി ലൗകികമായ പ്രകൃതി എടുത്തു നോക്കുക അഗ്നി ചൂടോടെയിരിക്കുന്നു ജലം ശീതമായിരിക്കുന്നു ഭൂമി കഠിനമായിരിക്കുന്നു വായു ചലിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഈ പ്രകൃതികളുടെ സ്വഭാവമാണ് ഇതിനെവിടെയെങ്കിലും മാറ്റം കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ലോകത്തിൽ ഈ വസ്തുക്കൾ നിലനിൽക്കുമ്പോൾ ഈ വസ്തുക്കളുടെ പ്രകൃതിക്ക് മാറ്റം കാണുന്നില്ല പിന്നെ ഏത് പ്രകൃതിക്കാണ് മാറ്റം വന്നിട്ടിവിടെ സൃഷ്ടിയുണ്ടാകുന്നതെന്നാണ് ചോദിക്കുന്നത് തഥാ സഹജ ആത്മന സഹൈവ യഥാ പക്ഷാധീന ആകാശഗമനാദി ലക്ഷം ഇനി മറ്റൊരു വസ്തുവിശേഷങ്ങൾ ഓരോ പ്രാണികളുടെയും സ്വഭാവവിശേഷങ്ങൾ പക്ഷികൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നു മത്സ്യം ജലത്തിൽ ജീവിക്കുന്നു മനുഷ്യൻ കരയിൽ ജീവിക്കുന്നു ഓരോ പ്രാണികൾക്കും ഓരോ സ്വഭാവവിശേഷങ്ങൾ അതിനെ നമ്മൾ പ്രകൃതി എന്ന് പറയും ഇതെല്ലാം പ്രകൃതികളാണ് ഈ പ്രകൃതിക്ക് എവിടെയെങ്കിലും മാറ്റമുണ്ടോ പക്ഷിക്ക് ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയാതിരിക്കുക മത്സ്യത്തിന് ജലത്തെ ജീവിക്കാൻ കഴിയാതിരിക്കുക ഇങ്ങനെ സംഭവിക്കുന്നില്ല ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രകൃതി എന്ന് പറയുന്നത് അതിനും മാറ്റം കാണുന്നില്ല അന്യാതേനകൃത യുധ അപം നിമിന അതുപോലെ മറ്റ് വസ്തുക്കളുടെ സ്വഭാവങ്ങൾ അത് മനുഷ്യരാരും സിക്ഷിച്ചതല്ല അതിന്റെ സൃഷ്ടികർത്താക്കളായി നമ്മൾ ആരെയും കാണുന്നുമില്ല പക്ഷെ വസ്തുവിന്റെ അത്തരം സ്വഭാവവിശേഷങ്ങൾ കാണുന്നു ഉദാഹരണം പറയുന്നു വെള്ളം താഴേക്കൊഴുകുന്നു വെള്ളം ഇരിക്കലും മേളോട്ടൊഴുകുന്ന കാണുന്നില്ല അതാ വസ്തുവിന്റെ പ്രകൃതി എന്ന് പറയാം ഓരോ വസ്തുവിനും ഇരിക്കുന്ന പ്രകൃതി നേരത്തെ പറഞ്ഞ പോലെ അഗ്നിയുടെ ഉഷ്ണം ഇതിനും മാറ്റം കാണുന്നില്ല അപ്പൊ ഇവിടെയാണ് പ്രകൃതിയിൽ മാറ്റം വരുന്നത് ഇനി ഏത് ഒന്ന് മാറി മറ്റൊന്നായി ഇവിടെ അനുഭവപ്പെടുന്നത് അന്യാബിയാജി സ്വഭാവം പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം തന്നെ ഏതൊരു വസ്തുവാണോ അതിന്റെ സ്വഭാവത്തെ വിടാത്തത് അതാണ് പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിർവചനം തന്നെ എന്താണ് സ്വന്തം സ്വഭാവത്തെ വിടാത്തത് അതാണ് പ്രകൃതി അങ്ങനെയാണെങ്കിൽ ഈ പ്രകൃതിയിൽ മാറ്റം വന്ന് പുതിയ സൃഷ്ടി വരുന്നു എന്നല്ല നിങ്ങൾ പറയുന്ന സംബന്ധമാണ് പ്രകൃതിയുടെ താൽപ്പര്യം തന്നെ എന്താണ് സ്വസ്വഭാവത്തിൽ നിന്നും ഒരിക്കലും മാറാത്ത ഒന്നാണ് അങ്ങനെയാണെങ്കിൽ പ്രകൃതി സത്യമാണോ എന്ന് ചോദിച്ചു ഈ പ്രകൃതി ഇങ്ങനെ ഒരു മാറ്റവും കൂടാതെ സദാ നാനാരൂപത്തിൽ നിലനിൽക്കുന്നതാണെങ്കിൽ ഈ പുരുഷനെപ്പോലെ പ്രകൃതി സത്യമായിക്കൊള്ളണമല്ലോ പറയുന്നു അങ്ങനെയല്ല മിഥ്യാ കൽപിതേഷു ലൗകികേഷു ഭീക പ്രകൃതി അന്യതാഭവതി ഈ കാണുന്ന സർവവും എന്താണ് മിഥ്യാ കല്പിതമാണ് തന്റെ തന്നെ ചിത്തസ്പന്ദനം കൊണ്ട് തന്നെ ആരോപിച്ചിരിക്കുന്ന ആരോപിതമായി അനുഭവപ്പെടുന്നതാണ് ഈ ലൗകികമായി കാണപ്പെടുന്ന സർവപ്രകൃതികളും അത് ഒരിടത്തും അതിന് മാറ്റവും കാണുന്നില്ല പ്രകൃതി അന്യഥാഭവതി പ്രകൃതിക്കൊരു മാറ്റം വരുന്നില്ല ഇതിങ്ങനെയായിരിക്കും കിമ്മിതാജ സ്വഭാവേഷു പരമാർത്ഥവസ്തുഷു അമൃതത്വലക്ഷണ പ്രകൃതി അന്യതാഭവതി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ബാഹ്യമായി കാണുന്ന ഈ പ്രകൃതി ആരോപിതമായി കാണുന്ന ഈ പ്രകൃതി അതിൽ പോലും ഒരു അജസ്വര സ്വഭാവത്തിലുള്ള പരമാർത്ഥവസ്തുവായിരിക്കുന്ന അമൃതസ്വരൂപത്തിലുള്ള ആത്മമായ പ്രകൃതി അതിനെങ്ങനെ മാറ്റം വരും അതിന് മാറ്റം വരത്തില്ല അതിന് മാറ്റം വരുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാ സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത് ബാഹ്യമായ പ്രകൃതിക്കും മാറ്റമില്ല ആന്തരികമായിരിക്കുന്ന ആത്മസ്വരൂപമായ പ്രകൃതിക്കും മാറ്റമില്ല പിന്നെ സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടി പരമാർത്ഥമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും പരമാർത്ഥത്തിലൊരു മാറ്റം എവിടെയാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നില്ല എന്നാണുന്ന മാറ്റങ്ങളോ അതെല്ലാം പ്രകൃതിയിലുള്ള ആരോപണങ്ങൾ മാത്രമാണ് പരമാർത്ഥമല്ല പ്രകൃതിക്കൊരിക്കലും അതിന്റെ സ്വഭാവത്തെ വെടിയാൻ കഴിയില്ല വെടിഞ്ഞാൽ പിന്നെ പ്രകൃതിയെ ഇല്ല സത്വരജ സമ ഗുണങ്ങളെ വെടിഞ്ഞിട്ട് പ്രകൃതിക്ക് നിൽക്കാൻ കഴിയും ഒരിക്കലും കഴിയത്തില്ല അതുകൊണ്ട് പ്രകൃതിക്കും മാറ്റം വരുന്നില്ല പുരുഷനും മാറ്റം വരുന്നില്ല ഇതാണ് പരമാർത്ഥം പരമാർത്ഥരക്ഷണ പ്രകൃതി അന്യതാഭവതി ഇതാണ് മനസ്സിൽ ഉറക്കേണ്ട കാര്യം എന്നാണ് സംസിദ്ധിക്ക് സ്വാഭാവിക सहजा अकता चा सेदि से जेया स्वभां न जहा जरा मरणर्मुक्ता सर्वे धर्मा स्वभाव जरा मरमींद േ തന്മനീഷയാഷയാൽ പിന്നെ ജീവപ്രകൃതിയെ കുറിച്ച് പറയുകയാണ് എന്താണ് ആ പ്രകൃതി എല്ലാവരും പറയുന്നുണ്ടല്ലോ പ്രകൃതിക്ക് മാറ്റം വരുന്നു പ്രകൃതിക്ക് പരിണാമം വരുന്നു ഇവിടെ സൂക്ഷ്മമായി ചിന്തിച്ചപ്പോൾ പ്രകൃതിക്ക് ഒരിടത്തും മാറ്റം വരുന്നുമില്ല ഇപ്പോൾ ഈ താർക്കികന്മാരും സാഖ്യന്മാരും എല്ലാം പറയുന്ന ഏതാണ് പ്രകൃതി ജരാമരണ നിർമുക്ത ജരാമരണാദി സർവ വിക്രിയാവർജിത പരമാർത്ഥത്തിൽ ഈ പ്രകൃതി ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ് അത് ജരാമരണ ക്രിയാരഹിതമാണ് പ്രകൃതിക്ക് അന്യതാഭാവം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നു അത് വളരുന്നു ജരാമരണങ്ങളെല്ലാം പ്രാപിക്കുന്നു ഉന്നശിക്കുന്നു അപ്പൊ അവിടെ അന്യതാഭാവം വന്നിട്ടുണ്ടോ വസ്തുവിന്റെ സ്വഭാവം മാറുന്നില്ല ശരി അഗ്നി അഗ്നി അല്ലാതായും മാറുന്നില്ല പക്ഷേ വസ്തുക്കളിൽ ബാഹ്യമായ പരിണാമം കാണുന്നുണ്ടല്ലോ അതിനാണ് പറയുന്നത് ജരാമരണാദി സർവ വിക്രിയാവർജിത കെ സർവേ ധർമാർവേ ആത്മാന ഈ ജരാമരണാദി വിക്രിയാരഹിതമാണ് സർവധർമ്മങ്ങളും ആത്മാക്കൾ ഓരോ ആത്മാവും ഓരോ ശരീരത്തിനും ുള്ളിലിരിക്കുന്ന ആത്മാക്കൾ എന്നിട്ട് ശരീരഭേദം കൊണ്ട് ഓരോ ആത്മാവെന്ന് പറയുകയാണ് വാസ്തവത്തിൽ അതൊന്നാണെങ്കിലും അതതിന്റെ സ്വഭാവമാണ് അതാണ് പ്രകൃതി എന്ന് പറയുന്നത് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണ് നമ്മൾ പ്രകൃതി എന്ന് വിളിക്കുന്നതും മാറുന്നതിനെയാണ് ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് മാറാത്ത തന്നെയാണ് എന്തുകൊണ്ട് മാറാതിരിക്കുക എന്നുള്ളതാണ് ഒരു വസ്തുവിന്റെ പരമാർത്ഥ സ്വരൂപം മാറുക എന്നുള്ളതാണ് പിന്നെ മാറ്റം കാണുന്നതോ അതതിന്റെ പരമാർത്ഥസ്വരൂപമല്ല ആരോപിതമായി കൽപ്പിതമായി എന്തിനേ സ്വീകരിക്കാം സത്യമല്ലോ സത്യമല്ലാതെ എന്ത് സംഭവിക്കാം നിങ്ങൾ ബാഹ്യമായി ജലാമരണങ്ങളെല്ലാം ബാധിച്ചു എന്ന് കരുതുന്നത് എവിടെ ആരോപിതമായ വിഷയങ്ങളിലാണ് പരമാർത്ഥ വിഷയത്തിലല്ല അപ്പോൾ ആരോപിതമായ അതങ്ങനെ നിന്നുകൊള്ളട്ടെ അത് ഒന്നിനെയും ബാധിക്കുന്ന ഒന്നുമില്ല സത്യമല്ലാത്ത ഒന്നിന് സത്യമായ രീതി മറ്റൊന്നിനും ബാധിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് വസ്തുവിന്റെ പ്രകൃതി അത് ജരാമരണങ്ങൾക്കെല്ലാം ഉപരിയാണ് ആത്മാവ് തന്നെയാണ് ഏവ് സ്വഭാവ സന്തോഷ ധർമ്മ ജരാമരണ ഇവൈ ഛന്ത രജ്വാമി വർമനി കൽപ്പേന്ദ ചുവന്ത സ്വഭാവത ജീവന്മാർ അവരുടെ പ്രകൃതിയിൽ ഒരു മാറ്റവും സംഭവിക്കുന്നുണ്ടെങ്കിലും ജരാമരണങ്ങൾ ഉണ്ടെന്ന് ധരിക്കാനാണ് അവരിഷ്ടപ്പെടുന്നത് സ്വന്തം അനുഭവം അനുസരിച്ച് ബാല്യം യൗവനം വാർദ്ധകൃം ഇതെല്ലാം കടന്നു പോകുമ്പോൾ തന്നിൽ ജരാമരണങ്ങൾ വന്നു പ്രാപിച്ചു എന്നവർ കരുതുന്നു ഏതുപോലെ രജ്വമിവ സർപ്പം ആത്മനിൽപ്പയന്ത ആരോപിക്കുകയാണ് തന്നെ തന്റെ പ്രകൃതിയിൽ ഇതൊന്നും ഇല്ലെങ്കിലും തന്റെ പ്രകൃതിയിലേക്ക് ഇതിനേക്ക് ആരോപിക്കുകയാണ് ഉണ്ടെന്ന് അവരെന്തു ചെയ്യുന്നു സ്വഭാവ അവർ സ്വയം ജരാമരണാദികൾ ഉള്ളവരായിത്തീരുന്നു അങ്ങനെ കൽപ്പിക്കുന്നതുകൊണ്ട് അത് വാസ്തവമാണെന്ന് കരുന്നുകൊണ്ട് മറ്റെതിൽ പറഞ്ഞാൽ ശരീരബോധം കൊണ്ടെന്നത് ശരീരബോധം വരുന്നു ശരീരബോധമുണ്ടാകുന്നത് ദോഷമാണ് പക്ഷേ ആ ശരീരത്തിൽ ആത്മബോധം വരിക അതാണ് ഇവിടെ ശരീരബോധം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ശരീരമാണ് താനെന്ന് കരുതുക ആ ശരീരത്തിലെ ജരാനരകളെല്ലാം തന്റെ നിന്ന് കരുതുക അതിനെ സത്യമായി അനുഭവപ്പെടുക അല്ലെങ്കിൽ സത്യമായി സ്വയം അനുഭവപ്പെടുത്തുക അവരെന്ത് ചെയ്യുന്നു ശിവന്റെ സ്വന്തം സ്വഭാവത്തിൽ നിന്ന് ആ സ്വരൂപസ്ഥിതിയിൽ നിന്ന് മാറിക്കുന്നു തന്റെ തന്നെ കൽപ്പനയാൽ ആരോപിക്കപ്പെട്ട വിഷയങ്ങളിലേക്ക് അവരെ താതന്യം പ്രാപിക്കുന്നു ശരീരത്തോടും ശരീരത്തിനോടും ബന്ധപ്പെട്ട പ്രപഞ്ചത്തോട് അവർ താതാത്മ്യം പ്രാപിക്കുന്നതാണ് ചലന്തി വിധിചലിച്ചു പോകുന്നു തന്മനീഷയാ അവരുടെ തന്നെ ബുദ്ധിയുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഇവർ ബുദ്ധി അഭിമാനികളാണ് ബുദ്ധിയുണ്ടെന്ന് കരുതുന്നവരാണ് പക്ഷേ ബുദ്ധിയില്ല ജരാമരണ ചിന്തയാ തദ് ഭാവിതോഷേണ അവരുടെ ഭ്രാന്തി കൊണ്ട് ഭാനം കൊണ്ട് പൂർവ്വ സംസ്കാരം കൊണ്ട് ജരാമരണ ചിന്തകൾ അവരിൽ കടന്നുവരുന്നു തന്നിൽ തനിക്ക് ജരാമരണങ്ങളുണ്ടെന്ന് കൽപ്പിക്കുന്നു തന്നിലതില്ല എന്നുള്ളതാണ് പരമാർത്ഥം പക്ഷേ ജരാമരണങ്ങളെന്ന് പറയുന്ന ഈ പരിണാമങ്ങളെ തന്നിൽ ആരോപിക്കുന്നു പരമാർത്ഥത്തിൽ പ്രകൃതിയിൽ പോലും ഭരണം സംഭവിക്കാതിരിക്കെ തന്നിലിതൊക്കെ കൽിക്കുക എന്ന് പറയുന്നത് കേവലമായ ആരോപണം മാത്രമാണ് പരമാർത്ഥമല്ല ഇതൊരു ദോഷമാണ് മനീഷ ബുദ്ധി അതിന്റെ ദോഷം അതുകൊണ്ട് സംഭവിക്കുന്നതാണ് ആ ദോഷം മാറിക്കിട്ടണം നമ്മളെ ആത്മജ്ഞാനം പ്രകാശിച്ച് ആ ദോഷത്തിൽ നിന്നും മുക്തനാകണം അതാണ് മുക്തി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല താനിപ്പോൾ തന്നെ ജരാംഭരണാദി ദോഷങ്ങളുണ്ടെന്ന് കരുതുന്നു അതില്ല എന്നുള്ള പ്രത്യക്ഷമായ ബോധം ഉടൽ സ്ഫരിക്കുന്നത് മുക്തി കാരണമായിരിക്കുന്നത് തദ്ഭാവ ഭാവിതത്വദോഷേണ അവരുടെ ആബുദ്ധിയുണ്ട് അവർ സ്വസ്വഭാവത്തിൽ നിന്ന് വ്യതിചലിച്ചു ആത്മനിഷ്ഠയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്നത് ജരാമരണ നിർമുക്തേന്ത ഈ വിഭാഗങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്തതാണ് ചർച്ച ചെയ്ത കാര്യങ്ങൾ മറന്നുപോയേ വീണ്ടും ഓർപ്പിക്കുന്നു എന്നേ ഉള്ളൂ ൈ കാര്യം താമജം ഭിന്നിം ചത്വീസാംഗീ അനുപന്നുച്യത വൈശേഷി വീണ്ടും സാഖ്യപക്ഷത്തിനും വൈശേഷികന്മാരും മറ്റും പറയുന്ന ആ ദൂഷണങ്ങളെ അത് ഇനി അംഗീകരിക്കുകയാണ് നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ് കാരണം മൃത്വ ഉപാദാനലക്ഷണം തസ്യവാദനവും കാര്യം കാരണമേവ് കാര്യാകാരേണ പരിണമതേ തസ്യവാദന അവർ പറയുന്നെന്താണ് കാരണം തന്നെ കാര്യരൂപത്തിൽ പരിണമിച്ചിരിക്കുന്നു എന്നാണ് രൂപാന്തരപ്രാപ്തി എന്ന് പറയുന്നു മൃത്തു തന്നെ ഘടം പക്ഷേ മൃത്തു തന്നെ രൂപാന്തരത്ത് പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ താല്പര്യം എന്താണ് തസ് അജമേവ സത് പ്രധാനാധികാരണം മഹതാധികാരി രൂപേണ ജായതേ പ്രധാനം അല്ലെങ്കിൽ പ്രകൃതി അത് സത്താണ് അത് മഹത്വം മഹന്തത്വം ബുദ്ധിതത്വം പഞ്ചത്തന്മാത്രങ്ങള് ഇങ്ങനെ അത് പരിണമിക്കുന്നു എന്നാണ് മഹതാധികാരി രൂപത്തിൽ പരിണമിക്കുന്നു എന്നാണ് മഹദാദ്യാകാരി അങ്ങനെ പരിണമിക്കുകയാണെങ്കിൽ മാറുകയാണെങ്കിൽ അതിനെ അജമെന്ന് അങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിക്കും വിപ്രതിഷിദ്ധം ഇതം ജായതെ അജം ജനിക്കുന്നു അജമാണെന്ന് പറയുന്നത് പരസ്പരവിരുദ്ധമായ കാര്യമാണ് പ്രധാനത്തെ അവർ ആദ്യമെന്ന് പറയുന്നു എന്നാൽ അത് ജനിക്കുന്നുവെന്നും പറയും മഹതാതിരൂപത്തിൽ പരിണമിക്കുന്നു എന്നും പറയും അത് ശരിയല്ല എന്നർത്ഥം നിത്യൻ്റെ അവർ പറയുന്നു പ്രധാനം നിത്യമാണെന്ന് അതും ശരിയല്ല പ്രധാനം ഭിന്നം വിതീർണ്ണ സ്ഫുടി കഥ നിത്യം ഭവ പറയുന്നു അതിന് നിത്യമായിരിക്കാം കാരണം അത് സ്വയം നശിക്കുന്നില്ല പ്രധാനം അതിന്റെ ഒരു ഭാഗം പരിണമിക്കുന്നു എന്ന് പറയുന്നു ഫുടിതം ഏകദേശീന ഭിന്ന പറയുന്നൊരു വസ്തുവിനെ എടുക്കുക ഒരു വൃക്ഷത്തെടുക്കുക അതിന്റെ ഒരു ശിഖരം പോയി കഴിഞ്ഞാൽ വൃക്ഷം നശിച്ചു എന്ന് പറയാൻ പറ്റും ആ നശിക്കുന്നില്ലല്ലോ സമുദ്രത്തിൽ നിന്ന് ഒരു കൈക്കൊമ്പിൽ വെള്ളം കോരിയെടുത്താൽ സമുദ്രം നശിച്ചു എന്ന് പറയാൻ പറ്റും സമുദ്രം അനത്യെന്ന് പറയാൻ പറ്റും അതുപോലെ അനന്തമായിരിക്കുന്ന ഈ പ്രകൃതിയിൽ നിന്നും അതിന്റെ ഒരു ഏകദേശം ഈ നാണാ പ്രപഞ്ച രൂപത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞു പ്രധാനമെങ്ങനെ അനിത്യമാകും അതനിത്യമാകത്തില്ലെന്നാണ് സംഖ്യൻ പറയുന്നത് അത് ശരിയല്ല എന്ന് പറയുന്നു നൈസാവയ ദേകദേശ ധർമ്മി നിത്യം ദൃഷ്ടം ലോക ഏറ്റെടുക്കുക പറയുന്നത് അത് ശരിയല്ല നിങ്ങൾ ലോകാനുഭവത്തിന് കാര്യം പറയുകയാണ് ലോകാനുഭവത്തിന് നിരക്കാത്ത കാര്യത്തെ തത്വചിന്തയെന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തിന്റെ അതല്ല തത്വദർശനം ലോകത്തിലേക്ക് നോക്കുക എന്താണ് ഒരു വസ്തു അത് കുടമായിക്കൊള്ളട്ടെ മചന്ദരമായിക്കൊള്ളട്ടെ അതിൻ്റെ ഒരു ഭാഗം അതിനൊരു മാറ്റം സംഭവിച്ചാൽ ഭിന്നമായി പോയാൽ അതിന്റെ വക്ക് പൊട്ടിപ്പോയിക്കഴിഞ്ഞാൽ അത് നിശ്ചത് തന്നെയാണ് നാശവന് സംഭവിച്ചു തന്നെ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഏകദേശ സ്ഫുടനധർമ്മി നിത്യം ദിഷ്ടം തോന്നി ഒരുപക്ഷെ നമുക്ക് കുറച്ച് കാലത്തേക്ക് കൂടി അതിനെ ആ രൂപത്തെ നിലനിർത്താൻ കഴിഞ്ഞെന്ന് വരാം പക്ഷെ എന്തായാലും അത് നിശ്ചയം മതിയാവും കാരണം ഒരു ഭാഗം നശിക്കാമെങ്കിൽ തീർച്ചയായും അത് മുഴുവനും നിശ്ചയി അപ്പൊ പ്രകൃതി അനന്ത ഈ പ്രകൃതിയുടെ ഒരു ഭാഗത്തിൽ പരിണാമങ്ങൾ സംഭവിച്ച ഈ പ്രപഞ്ചം ഉണ്ടായി നിങ്ങൾ കരുതുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രകൃതി നശിക്കുന്നത് തന്നെയാണ് വിതീർണ അജാതം നിത്യം വിപ്രതിഷിദ്ധം തേരഭിതീയത അതുകൊണ്ടെന്താണ് ഏതെങ്കിലും ഒരു വസ്തു ഒരു ഭാഗത്ത് അതിന് പരിണാമം സംഭവിക്കുന്നു അതേസമയം അത് നിത്യമായിരിക്കുകയും ചെയ്യുന്നു അജമായിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമാണ് അതുകൊണ്ട് പ്രകൃതിയിൽ എന്തെങ്കിലും മാറ്റത്തെ പരിണാമത്തെ എവിടെയെങ്കിലും നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രകൃതിയെ അജം എന്ന് വിളിക്കാൻ കഴിയില്ല അസാധാരണ പറയാറ് ഇതെങ്ങനെ നശിക്കുന്നു എന്ന് പറയും കാരണം ഈ പ്രകൃതിയിൽ പലതും ഉണ്ടായി നശിക്കുന്നു വൃക്ഷങ്ങളും ലതകളും ശരീരങ്ങളും എല്ലാം ഉണ്ടായി നശിക്കുന്നു അതുകൊണ്ട് പ്രകൃതി എങ്ങനെ നശിക്കുമെന്നാല് അതിന് എല്ലാം ആധാരമായി വർദ്ധിക്കുകയല്ലേ പറയുന്നു പ്രകൃതിയുടെ ഏതെങ്കിലും ഒരു ഭാഗം നശിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മുഴുവനുമായും നശിക്കാം ബാക്കി നിൽക്കുമെന്നുള്ളതിനെന്താ ഉറപ്പുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ നശിക്കുമെന്നുള്ളതിനാണ് കൂടുതൽ പ്രാമാണികം അതുകൊണ്ട് ഒരു ഭാഗം നശിക്കുന്നു എന്നാലും ബാക്കി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വിപ്രതിഷിദ്ധമാണ് പരസ്പരവിരുദ്ധമായ കാര്യമാണ് അത് ശരിയല്ല നിങ്ങൾ കാരണം വൈ കാര്യം കാരണം തസ്യ ജായതേ ജം ഭിന്ന അതയേതിവൈ കാര്യം തേ കഥം ധ്രുവ പ്രകൃതി സത്യമാണെന്ന് പറയുന്നവർ അവരുടെ ചിന്താഗതി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല അത് പ്രയാസമാണ് കാരണം ഓരോ ജീവനും അനാദി കാലം കൊണ്ട് സമ്പാദിച്ചെടുത്തതാണ് ഈ പ്രകൃതിയിലുള്ള സത്യത്വബോധം അതിനെ കേവലം ഉപദേശം കൊണ്ടോ അല്ലെങ്കിൽ യുക്തി കൊണ്ടോ ഒന്നും നിഷേധിക്കാൻ എളുപ്പമല്ല എത്രമാത്രം ഇതിൻ്റെ അസത്യത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു ഗുരു അല്ലെങ്കിൽ ശ്രുതി ശ്രോതാവന്തിയെന്നു മറ്റൊരു സൈഡിൽ കൂടി ഇതിന്റെ സത്യത്വത്തെ അവന്റെ മനസ്സിറപ്പിക്കുകയാണ് കാരണം ആ സത്യത്വമാണ് അവന്റെ അനുഭവത്തോട് ചേർന്ന് നീക്കുന്നത് എന്തുകൊണ്ടിതിന്റെ മിഥ്യാത്വത്തെ ഒരുവന് ബോധ്യപ്പെടാൻ ശ്രമിക്കുന്നില്ല ബോധ്യപ്പെടാൻ കഴിയുന്നില്ല ഒരുവന് കാരണം അവന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്നത് അവൻ എപ്പോഴും യോജിക്കാവുന്ന ഇതിന്റെ സത്യസ്ഥിതിയിലാണ് വിഖ്യാത്ഥത്തിലല്ല അതുകൊണ്ട് ദൃഢമായ സത്യത്വ ബോധം ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്നു അത് അവന് സഹജമായി സംഭവിച്ചതാണ് അനാദിക്കാലം കൊണ്ട് സംഭവിച്ചതാണ് കേവലം തത്വവിചാരം കൊണ്ട് അതിനെ മാറ്റാനൊക്കത്തില്ല ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് പ്രപഞ്ച വിദ്യാത്വം പോലുള്ള കാര്യങ്ങൾ പറയുന്നവർ തന്നെ അത്രയും വലിയ തത്വത്തെ മനസ്സിലാക്കി അതിനെ വിശദീകരിക്കുന്നവർ തന്നെ പ്രപഞ്ച വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ ഇതിനെ സത്യമൊന്നു കരുതി പ്രവർത്തിക്കുന്നത് പോലെയാണ് കാണുന്നു ഇതിന് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നതുപോലെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സത്യമായി കരുതുമ്പോൾ സത്യമായി കരുതി പ്രവർത്തിക്കുന്ന പാമരന്മാരായ ജനങ്ങളിൽ വരുന്ന രാഗദ്വേഷങ്ങളും ആസക്തിയും മറ്റും വിജ്ഞന്മാരിലും കാണുന്നു പാമ്പരനെപ്പോലെ തന്നെ പാമ്പരനായ ഒരുവനിൽ പ്രപഞ്ചം നിമിത്തമായി രാഗദ്വേഷങ്ങൾ ഉണ്ടാകുകയോ ആസക്തി ഉണ്ടാകുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള സത്യത്വബോധം അവനിൽ അങ്ങനെ പ്രവർത്തിക്കും മറച്ചെന്നാകാൻ വഴിയില്ല അത് സത്യബുദ്ധി വന്നാൽ അതിന് ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാകും രാഗദ്വേഷങ്ങളുണ്ടാകും മമതയും അഹന്തയും മമതയും തന്നെ ഉണ്ടാകും സ്വാഭാവികം മാത്രം പക്ഷേ പ്രപഞ്ചം അസത്യമെന്ന് പറയുന്നവനും ഇത് കാണുന്നു എന്തുകൊണ്ട് കാരണം അതിനാണ് ഇവിടെ ഈ ചർച്ച പ്രപഞ്ചം അസത്യമാണെന്ന് ഒരുവനെ താത്വികമായി ബോധിപ്പിച്ചാലും അവനിൽ ഇരിക്കുന്ന അനാദിയായ പ്രപഞ്ച സത്യത്വവാസന അത് വീണ്ടും അതുപോലെ തന്നെ പ്രകടമായിക്കൊണ്ടേയിരിക്കും അതാണ് ഈ ചർച്ച നീണ്ടുപോകുന്നു ഒരു തരത്തിലത് അസത്യമാണെന്ന് ബോധിപ്പിക്കും പക്ഷെ അത് കേവലം ഒരു ബോധനം മാത്രമായി നിൽക്കും അവന്റെ അനുഭവത്തിൽ എന്താണോ സത്യത്വ ബുദ്ധി തന്നെ ഉദാഹരണം അതിന്റെ വാസനയാണ് ദൃഢമായിരിക്കുന്നത് മറ്റത് ക്ഷണികമായിട്ടുള്ള കേവലമായൊരു ബോധനം മാത്രമാണ് അത് എന്താണ് സാധാരണ ജ്ഞാനം എന്ന് പറയുന്നത് ക്ഷണികമാണ് മനോവൃത്തിയാണ് അന്ധകരണ പരിണാമമാണ് അതിന് സ്ഥായിഭാവവും ഇല്ല അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അടുത്തത് നിമിഷവും നശിച്ചു പോകും ജലത്തിലെ കുമ്പളകളെ പോലെയാണ് അതിന് പിടിച്ചു നീക്കാൻ പറ്റത്തില്ല ഒരു ക്ഷണം വരുന്നു അടുത്ത ക്ഷണം അത് മാഞ്ഞു പോകും അതുപോലെ തന്നെയാണ് ഈ അന്ധക്കരണത്തിൽ ഉദയം ചെയ്യുന്ന ജ്ഞാന അപ്പോൾ അതിന് ഈ വാസനയെ നശിപ്പിക്കാൻ കഴിയത്തില്ല വാസന ദൃഢവും ബലമുള്ളതുമാണ് ഇത് വളരെ ദുർബലവുമാണ് ഈ തത്വജ്ഞാനം പറയും അതുകൊണ്ട് തത്വത്തെ ബോധിപ്പിച്ചാലും വീണ്ടും വാസനകൾ പെരുത്ത് വീണ്ടും സത്യത്വ ബുദ്ധി തന്നെ മനസ്സിൽ വരും അപ്പൊ ഇതറിയാവുന്നതുകൊണ്ടാണ് ആചാര്യൻ അല്ലെങ്കിൽ ശ്രുതി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് അതിനെ തന്നെ ബോധിപ്പിക്കുന്നു അങ്ങനെയല്ല എന്ന് ആവർത്തിക്കുന്നത് കൊണ്ടാണ് അതാണിവിടെ പറയുന്നത് ഉക്തസ്യോ അർത്ഥ്യോ സ്പഷ്ടീകരണ അർത്ഥം പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് ഫലമില്ല വീണ്ടും അതിനെ സ്പഷ്ടീകരിക്കുന്നു ങ്ങനെയാണോ നല്ല പ്രകാശം നല്ല ഇരുട്ടിനെയും മാറ്റുന്നത് അതാണ് എന്റെ സ്പഷ്ടീതം മന്ദമായ പ്രകാശത്തിന് ഇരുട്ടിനെ മന്ദമായി മാറ്റാൻ പറ്റും വീണ്ടും അവിടെ ഇരുട്ട് കാണും നിഴൽ കാണും അതാണെന്ന് പറഞ്ഞാൽ സാധാരണ മനസ്സിന്റെ അവസ്ഥ അവിടെ നിഴലും വെളിച്ചവും ഒരുമിച്ചിരിക്കും പക്ഷെ കടുത്ത ഇരുട്ടിനും കടുത്ത വെളിച്ചത്തിനും ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല നല്ല വെളിച്ചത്തിനും ഇരിക്കാം അപ്പൊ വീണ്ടും സ്പഷ്ടീകരണം ആവശ്യമായി പറ്റുന്നു വീണ്ടും ചർച്ചയെ നീട്ടിക്കൊണ്ടുപോകുന്നു എന്തിന് എന്നുള്ള ചോദ്യത്തിന് സമാധാനമാണ് ഈ പറയുന്നത് വീണ്ടും തന്നെ പറയുന്നു അജാ കാര്യ അനന്യത്യം ഇഷ്ടം തയാ തഥ കാര്യം അജം ഇതിപ്രാപ്തം പ്രപഞ്ചം സത്യമാണെന്നറിയുന്നതിന് അങ്ങനെ അനുഭവപ്പെടുന്നതിന് അതിന് തത്വചിന്തയുടെയോ യുക്തിയുടെയോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അനുഭവത്തിന്റെയോ അനുഭൂതിയുടെ ഒന്നും ആവശ്യമില്ല അത് സഹജമായി സർവ്വ ജീവന്മാരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറഞ്ഞല്ലോ പ്രകൃതിക്ക് അതിന്റെ സ്വഭാവത്തെ പിടിയാനും പറഞ്ഞു വരുന്നത് ഒരു പ്രകൃതിക്കും അതിന്റെ അങ്ങനെയാണെങ്കിൽ ഈ മനസ്സിന് അതിന്റെ പ്രകൃതി എങ്ങനെ പിടിയാൻ പറ്റും ഈ സത്യത്തെ ബോധം അതിന്റെ പ്രകൃതിയായിപ്പോയി മനസ്സാദായി തന്നെ മാറിയിരിക്കുകയാണ് അപ്പം അതിനെങ്ങനെ വെടിയാൻ പറ്റും അത് വെടിയാൻ കഴിയാതിരിക്കുന്നത് മനസ്സിന്റെ ദോഷമല്ല കാരണം അത് അത്രയും താതാത്മ്യപ്പെട്ടുപോയി ആണ് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചത് അതിനെ ശക്തമായ വെളിച്ചം അത് മാറ്റാൻ പറ്റും അന്ധതയെ മാറ്റാൻ പറ്റും അതിനുവേണ്ടിയിട്ടാണ് വീണ്ടും യുക്തിയെ അവലംബിക്കുന്നത് യുക്തിയിലൂടെ അല്ലാതെ ഉറച്ചേനെ യുക്തിയിലൂടെ മാറ്റാൻ ശ്രമിക്കുന്നു കാരണാ അജാ കാര്യസ്യത് അനന്യത്തിനിഷ്ടം തയാ തത് കാര്യം അജമിതി പ്രാപ്തം ഇനി പറയുന്നു കാരണത്തോട് കാര്യം അനന്യം എന്ന് പറയുക കാരണത്തിൽ നിന്ന് കാര്യം എന്ന് പറഞ്ഞാൽ എന്തുവരും കാരണത്തെ പോലെ തന്നെ കാര്യവും അജമൊന്നു വരും കാരണം കാരണമായിരിക്കുന്ന പ്രധാനം പ്രകൃതി അജമെന്നാണ് പറയുന്നത് അതിൽ നിന്നുണ്ടായ സ്രവവും അതിൽ നിന്ന് അനന്യമാണ് ഭിന്നമല്ല എന്ന് പറഞ്ഞാൽ കാര്യവും അജമൊന്നു വരും ഇതം ച അന്യപ്രതിഷിദ്ധം കാര്യം അജം ചേരി അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരും ദോഷം എന്താണ് ഇതൊരു കാര്യമാണ് അത് അജമാണ് എന്നും പറയേണ്ടി വരും അതാണ് അതും ശരിയല്ല കിഞ്ച അന്യ കാര്യകാരണയോരനന്യത്തെ ജായമാനാധിപൈ കാര്യ കാരണം അനന്യം നിത്യം ധ്രുവം ചെത്തിയ കഥംഭവേ അത് മാത്രമല്ല കാര്യകാരണങ്ങൾക്ക് അനന്യത്വം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യത്തിനോട് കാരണം അനന്യമായി എന്ന് വന്നു കഴിഞ്ഞാൽ നിത്യമാകുന്നു ആ കാരണം എങ്ങനെ നിത്യമാവും അത് നശിക്കാതെ എങ്ങനെ നിലനിൽക്കും കാര്യം കാര്യത്തോട് ഉണ്ടായതിനോട് അത് അനന്യമായി പോയി ഉണ്ടായതിനോട് അനന്യമായ ആ കാരണം എങ്ങനെ നിത്യമായ നിലനിൽക്കും സാധ്യമല്ലെന്ന് അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുക ഒന്നെന്താണ് ഈ പ്രകൃതി അജമാണ് എന്ന് പറയുക അതിനൊന്നുണ്ടാകുക പറയുക കാര്യങ്ങളുണ്ടാകുക എന്ന് പറയുന്നത് വിരുദ്ധമായ കാര്യങ്ങളാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി നിത്യമാണ് എന്നാൽ അതിന് കാര്യങ്ങളുണ്ടാകുന്നു എന്ന് പറയുന്നത് ഏതുപോലെയാണ് കുക്കുട്ട്യാഹ ഏകദേശ പച്ചതെ പ്രസവായ കൽപത എന്ന് പറയുന്നത് ഒരു മുട്ടയിടുന്ന ഒരു കോഴി അതിനെ രണ്ടാക്കി ഒരു ഭാഗം പാകം ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച് വേറൊരു ഭാഗം മുട്ടയിടാൻ വേണ്ടി മാറ്റിവെച്ച് എന്ന് പറയുന്നത് പോലെ ഒരു വലിയ തമാശയാണ് നിങ്ങളീ പറയുന്നത് നിത്യമായി അനാദിയായിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് ഒരു ഭാഗം കാര്യമായി മാറുന്നു ഒരു ഭാഗം നിത്യമായി തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വലിയ തമാശയാണെന്ന് ഒരു ജീവിയെ തന്നെ രണ്ടായി മുറിച്ചിട്ട് ഒന്ന് അതിന്റെ സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി മാറ്റിവെച്ച് ഒരു ഭാഗം പാകം ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നതുപോലെ എന്ന് പറയുന്നത് പരസ്പരം വിരുദ്ധമായ കാര്യമാണ് നിത്യമായ ഒന്നിൽ ജന്മം അനാദിയായ മനസ്സിലത് ഉറച്ചുപോയ കാര്യമാണെങ്കിലും അത് തിരുത്തിയേ പറ്റൂ ചിന്തിക്കുമ്പോൾ അത് വ്യക്തിക്കും അനുഭവത്തിനും നിരക്കുന്നതല്ല അതുകൊണ്ട് അവിടെ ചിന്തിക്കാനാവശ്യപ്പെടുകയാണ് ഈ പ്രകൃതി എങ്ങനെ നിത്യമാകും ഇതെങ്ങനെ അജം ആകും ഇതെന്നുണ്ടാകും ഇതിന്നെങ്ങനെ കാര്യങ്ങളുണ്ടാകും അതൊന്നും സാധ്യമല്ല അതുകൊണ്ട് അജമായിരിക്കുന്ന ഒന്നേ ഉള്ളൂ അത് ആ പ്രകൃതിയല്ല ആ പുരുഷനാണ് അതിൽ നിന്ന് അനന്യമായി പ്രകൃതി നിലനിൽക്കുന്നു അത് കൽപ്പിതമായി സത്യമായിട്ടുള്ള ആരോപിതമായി ഈ തുര്യനിൽ പ്രകൃതി നിലനിൽക്കുന്നു ഇത് ബോധിക്കാൻ വേണ്ടി പറയു എന്തെങ്കിലും യുക്തി കൊണ്ട് അതിനെ നിഷേധിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് അത് അസാധ്യമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഉള്ള പ്രബലമായ യുക്തികൾ ഇവിടെ ഇവിടെ ആചാര്യൻ ഉദ്ദേശിക്കുന്ന എന്താണ് അജാതം അത് ബോധിക്കണം വിരുദ്ധമായി മനസ്സിൽ വരുന്ന എല്ലാ വികൽപ്പങ്ങളും മനസ്സിൽ നിന്ന് മാറ്റണം ബ്രഹ്മസത്യം ജഗത് മിഥ്യ തത്വം ഉപയോഗിക്കുമ്പോൾ വളരെ നിസ്സാരമായി നമ്മൾ നിഷേധിക്കും അതെങ്ങനെ ഈ സത്യമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം എങ്ങനെ മിഥ്യയാകും ആ പറയുന്ന അസംബന്ധമല്ലേ അതുകൊണ്ട് അതിന് കുറച്ചും കൂടി ഭേദമായി ഇത് സത്യമൊന്ന് സ്വീകരിക്കുന്നതാണോ എന്ന് നമ്മൾ കരുതിപ്പോകും അതുകൊണ്ട് ആ പറയുന്നതിന്റെ പരമ താല്പര്യം എന്താണെന്ന് ഇവിടെ യുക്തിയിലൂടെ വെളിപ്പെടുത്തുകയാണ് അല്ലാതെ കേവലം അതിന്റെ വാശ്യാർഥത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കത് തന്നെ ശരിയെന്ന് തോന്നിക്കും അതിന്റെ താല്പര്യത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണത് അതാണ് പരമാർത്ഥമെന്ന് ബോധ്യപ്പെടുന്നത് അതിനുവേണ്ടി ആ യുക്തിയെ വീണ്ടും ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം വീണ്ടും വീണ്ടും അതിനെ ആവർത്തിക്കുകയാണ് അനന്യത്വം അതുകാര്യമംയതിയമാനധികം കധന്ധ്രുവം